അധ്യായം പതിമൂന്ന് മദീനയിൽ അവതരിച്ചത് പതിമൂന്നാം വചനത്തിൽ ഇടിനാദത്തെപ്പറ്റിയുള്ള പരാമർശമാണ് ഈ അധ്യായത്തിന് ഇപ്രകാരം പേർ വരാൻ കാരണം വേദഗ്രന്ഥത്തിലെ വചനങ്ങളത്രേ അവ നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് നിനക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സത്യമാകും പക്ഷേ ജനങ്ങളിൽ അധിക പേരും വിശ്വസിക്കുന്നില്ല الله الذي رفع السماوات بغير عمد ترونها ثم استوى على العرش وسخر الشمس والقمر كل يجري لاجل مسمى يدبر الامر يفصل الايات لعلكم بلقاء ربكم توقنون الله واغنوا നിങ്ങൾക്ക് കാണാവുന്ന അവലംബങ്ങൾ കൂടാതെ ആകാശങ്ങൾ ഉയർത്തി നിർത്തിയവൻ പിന്നെ അവൻ സിംഹാസനസ്ഥനാകുകയും സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എല്ലാം ഒരു നിശ്ചിത അവധിവരെ സഞ്ചരിക്കുന്നു അവൻ കാര്യം നിയന്ത്രിച്ചു നിങ്ങളുടെ രക്ഷിതാവുമായി കണ്ടുമുട്ടുന്നതിനെപ്പറ്റി നിങ്ങൾ ൃഢോധ്യമുള്ളവരായിരിക്കുന്നതിന് വേണ്ടി അവൻ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു തരുന്നു അല്ല അവനാണ് ഭൂമിയെ വിശാലമാക്കുകയും അതിൽ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളും നദികളും ഉണ്ടാക്കുകയും ചെയ്തവൻ എല്ലാ ഫലവർഗങ്ങളിൽ നിന്നും അവനതിൽ ഈ രണ്ട് ഇണകളെ ഉണ്ടാക്കിയിരിക്കുന്നു അവൻ രാത്രിയെക്കൊണ്ട് പകലിനെ മൂടുന്നു തീർച്ചയായും അതിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് ഭൂമിയിൽ തൊട്ടു തൊട്ടു കിടക്കുന്ന ഖണ്ഡങ്ങളുണ്ട് മുന്തിരിത്തോട്ടങ്ങളും കൃഷികളും ഒരു മുരട്ടിൽ നിന്ന് പല ശാഖകളായി വളരുന്നതും വേറെ വേറെ മുരടുകളിൽ നിന്ന് വളരുന്നതുമായ ഈന്തപ്പനകളും ഒരേ വെള്ളം കൊണ്ടാണ് അത് നനയ്ക്കപ്പെടുന്നത് ഫലങ്ങളുടെ കാര്യത്തിൽ അവയിൽ ചിലതിനെ മറ്റു ചിലതിനേക്കാൾ നാം മെച്ചപ്പെടുത്തുന്നു തീർച്ചയായും അതിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് اولائك الذين كفروا بربهم واولائك الاغلال في اعناقهم واولائك اصحاب النار هم فيها خالدون ني አልభుதపడుവെങ്കിൽ അവരുടെ ഈ വാക്ത്ര അൽభుതകരമായിട്ടുള്ളது ഞങ്ങൾ മണ്ണായി കഴിഞ്ഞിട്ടോ ഞങ്ങൾ പുതുതായി സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യുമോ അക്കൂട്ടരാണ് തങ്ങളുടെ രക്ഷിതാവിൽ അവിശ്വസിച്ചവർ അക്കൂട്ടരാണ് കഴുത്തുകളിൽ വിലങ്ങുകളുള്ളവർ അക്കൂട്ടരാണ് നരകാവകാശികൾ അവരതിൽ നിത്യവാസികളായിരിക്കും നബിയേ നിന്നോടവവർ നന്മയെക്കാൾ മുമ്പായി തിന്മക്ക് അഥവാ ശിക്ഷക്കു വേണ്ടി തിടുക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്നു അവർക്ക് മുമ്പ് മാതൃകാപരമായ ശിക്ഷകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് താനും തീർച്ചയായും നിന്റെ രക്ഷിതാവ് മനുഷ്യർ അക്രമം പ്രവർത്തിച്ചിട്ടുകൂടി അവർക്ക് പാപമോചനം നൽകുന്നവനത്രേ തീർച്ചയായും നിൻ്റെ രക്ഷിതാവ് കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ് നബിയെ പരിഹസിച്ചുകൊണ്ട് സത്യനിഷേധികൾ പറയുന്നു ഇവന്റെ രക്ഷിതാവിൽ നിന്ന് ഇവന്റെ മേൽ എന്താണ് ഒരു ദൃഷ്ടാന്തം ഇറക്കപ്പെടാത്തത് നബിയെ നീ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാകുന്നു എല്ലാ ജനവിഭാഗത്തിനുമുണ്ട് ഒരു മാർഗദർശി ഓരോ സ്ത്രീയും ഗർഭം ധരിക്കുന്നതെന്തെന്ന് അള്ളാഹു അറിയുന്നു ഗർഭാശയങ്ങൾ കമ്മി വരുത്തുന്നതും വർധനവുണ്ടാക്കുന്നതും അവനറിയുന്നു ഏതൊരു കാര്യവും അവന്റെ അടുക്കൽ ഒരു നിശ്ചിത തോതനുസരിച്ചാകുന്നു അദൃശ്യത്തെയും ദൃശ്യത്തെയും അറിയുന്നവനും മഹാനും ഉന്നതനുമാകുന്നു അവൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രഹസ്യമായി സംസാരിച്ചവനും പരസ്യമായി സംസാരിച്ചവനും രാത്രിയിൽ ഒളിഞ്ഞിരിക്കുന്നവനും പകലിൽ പുറത്തിറങ്ങി നടക്കുന്നവനുമെല്ലാം അവനെ സംബന്ധിച്ചിടത്തോളം സമമാകുന്നു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 ൂ മനുഷ്യന് അവന്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകൾ ഉണ്ട് ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അല്ലാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല തീർച്ച ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടി മാറ്റാനാവില്ല അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല ഭയവും ആശയും ജനിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് മിന്നൽ പിണർ കാണിച്ചു തരുന്നത് ജലഭാരമുള്ള മേഘങ്ങളെ അവൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇടിനാദം അവനെ സ്തുതിക്കുന്നതോടൊപ്പം അവനെ അവനെ അവനെപ്പറ്റിയുള്ള ഭയത്താൽ മലക്കുകളും അവനെ പ്രകീർത്തിക്കുന്നു അവൻ ഇടിവാളുകൾ അയക്കുകയും താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവ ഏൽപ്പിക്കുകയും ചെയ്യുന്നു ആ അവിശ്വാസികൾ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു അതിശക്തമായി തന്ത്രം പ്രയോഗിക്കുന്നവനത്രേ അവൻ لهو دعوة الحق والذين يدعون من دونه لا يستجيبون لهم بشيء الا كباسط كفيه الى الماء الا كباسط كفيه الى الماء الى يبلغ فاه وما هو ببالغ وما دعاء الكافرين الا في ضلال അവനോടുള്ളത് മാത്രമാണ് ന്യായമായ പ്രാർത്ഥന അവനുപുറമെ ആരോടെല്ലാം അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവോ അവരാരും അവർക്ക് യാതൊരു ഉത്തരവും നൽകുന്നതല്ല വെള്ളം തൻ്റെ വായിൽ തനിയെ വന്നെത്താൻ വേണ്ടി തൻ്റെ ഇരു കൈകളും അതിൻ്റെ നേരെ നീട്ടിക്കാണിക്കുന്നവനെപ്പോലെ മാത്രമാകുന്നു അവർ വെള്ളം വായിൽ വന്നെത്തുകയില്ലോ സത്യനിഷേധികളുടെ പ്രാർത്ഥന നഷ്ടത്തിൽ തന്നെയാകുന്നു അള്ളാഹുവിനാണ് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരെല്ലാം പ്രണാമം ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വമനസ്സോടെയും നിർബന്ധിതരായിട്ടു പ്രഭാതങ്ങളിലും സായാഹ്നങ്ങളിലും അവരുടെ നിഴലുകളും അവനെ പ്രണാമം ചെയ്യുന്നു ൂരി പുലില്ലു കുൽ വഹു അല്ലുൽ നബിയെ ചോദിക്കുക ആരാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവ് പറയുക അല്ലാഹുവാണ് പറയുക എന്നിട്ടും അവനുപുറമെ അവരവർക്കു തന്നെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സ്വാധീനമില്ലാത്ത ചില രക്ഷാധികാരികളെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണോ പറയുക അന്ധനും കാഴ്ചയുള്ളവനും തുല്യരാകുമോ അഥവാ ഇരുട്ടുകളും വെളിച്ചവും തുല്യമാകുമോ അതല്ല അള്ളാഹുവിന് പുറമെ അവർ പങ്കാളികളാക്കി വെച്ചവർ അവൻ സൃഷ്ടിക്കുന്നത് പോലെ തന്നെ സൃഷ്ടി നടത്തിയിട്ട് ഇരുവിഭാഗത്തിൻ്റെയും സൃഷ്ടികൾ അവർക്ക് തിരിച്ചറിയാതാവുകയാണോ ഉണ്ടായത് പറയുക അള്ളാഹുവത്രെ എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവ് അവൻ ഏകനും സർവാധിപതിയുമാകുന്നു انزل من السماء ماء فسالت اودية بقدرها فاحتمل السيل زبد الرابيا ومما يعقدون عليه في النار بتغوا احلية او متاع زبد مثله كذلك يضرب الله الحق والباطل فَأَمَّا الزَّبَدُ فَيَذْهَبُ جُفَاءً وَأَمَّا مَا يَنفَعُ النَّاسَ فَيَمْكُثُ فِي الْأَرْضِ كَذَلِكَ يَضْرِبُ اللَّهُ الْأَمْثَالَ اللهو আগাশতু الله. நின் வெள்ளம் чоരിញு എന്നിട്ട് தாಳ್വരകളிலே அவியோட வலুপத்தின் தேத অনুসிருச்சி வெள்ளம் ഒഴுகி அப்பால் ആ ഒഴുക്ക് പൊങ്ങി നിൽക്കുന്ന നുരയെ വഹിച്ചുകൊണ്ടാണ് വന്നത് വല്ല ആഭരണമോ ഉപകരണമോ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവർ തീയിലിട്ട് കത്തിക്കുന്ന ലോഹത്തിൽ നിന്നും അതുപോലുള്ള നുരയുണ്ടാകുന്നു അതുപോലെയാകുന്നു അള്ളാഹു സത്യത്തെയും അസത്യത്തെയും ഉപമിക്കുന്നത് എന്നാൽ ആ നുര ചവറായി പോകുന്നു മനുഷ്യർക്ക് ഉപകാരമുള്ളതാകട്ടെ ഭൂമിയിൽ തങ്ങി നിൽക്കുന്നു അപ്രകാരം അള്ളാഹു ഉപമകൾ വിവരിക്കുന്നു തങ്ങളുടെ രക്ഷിതാവിന്റെ ആഹ്വാനം സ്വീകരിച്ചവർക്കാണ് ഏറ്റവും ഉത്തമമായ പ്രതിഫലമുള്ളത് അവന്റെ ആഹ്വാനം സ്വീകരിക്കാത്തവരാകട്ടെ ഭൂമിയിലുള്ളത് മുഴുവനും അതോടൊപ്പം അത്രയും കൂടിയും അവർക്ക് ഉണ്ടായിരുന്നാൽ പോലും തങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി അതൊക്കെയും അവർ പ്രായശ്ചിത്തമായി നൽകുമായിരുന്നു അവർക്കാണ് കടുത്ത വിചാരണയുള്ളത് അവരുടെ സങ്കേതം നരകമത്ര ആ വാസസ്ഥലം എത്ര മോശം അപ്പോൾ നിനക്ക് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സത്യമാണെന്ന് മനസ്സിലാക്കുന്ന ഒരാൾ അന്ധനായി കഴിയുന്ന ഒരാളെപ്പോലെയാണോ ബുദ്ധിമാന്മാർ മാത്രമേ ചിന്തിച്ച് മനസ്സിലാക്കുകയുള്ളൂ അള്ളാഹുവോടുള്ള ബാധ്യത നിറവേറ്റുകയും കരാർ ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്നവരത്രേ അവർ കൂട്ടിയിണക്കപ്പെടാൻ അള്ളാഹു കൽപ്പിച്ച ബന്ധങ്ങൾ കൂട്ടിയിണക്കുകയും തങ്ങളുടെ രക്ഷിതാവിനെ പേടിക്കുകയും കടുത്ത വിചാരണയെ ഭയപ്പെടുകയും ചെയ്യുന്നവർ ഊനവിൽഹസന ചിസ് ഉല ഇഖലഹും തങ്ങളുടെ രക്ഷിതാവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് കൈക്കൊള്ളുകയും നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും നാം നൽകിയിട്ടുള്ളതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും തിന്മയെ നന്മ കൊണ്ട് തടുക്കുകയും ചെയ്യുന്നവർ അത്തരക്കാർക്ക് അനുകൂലമത്രേ ലോകത്തിന്റെ പര്യവസാനം അതായത് സ്ഥിരവാസത്തിനുള്ള സ്വർഗത്തോപ്പുകൾ അവരും അവരുടെ പിതാക്കളിൽ നിന്നും ഇണകളിൽ നിന്നും സന്തതികളിൽ നിന്നും സദ്വൃത്തരായിട്ടുള്ളവരും അതിൽ പ്രവേശിക്കുന്നതാണ് മലക്കുകൾ എല്ലാ വാതിലിലൂടെയും അവരുടെ അടുക്കൽ കടന്നു വന്നിട്ട് പറയും ും നിങ്ങൾ ക്ഷമ കൈക്കൊണ്ടതിനാൽ നിങ്ങൾക്ക് സമാധാനം അപ്പോൾ ലോകത്തിന്റെ പര്യവസാനം എത്ര നല്ലത് ും അള്ളാഹുവോടുള്ള ബാധ്യത ഉറപ്പിച്ചതിന് ശേഷം ലംഘിക്കുകയും കൂട്ടിയിണക്കപ്പെടാൻ അള്ളാഹു കൽപ്പിച്ച ബന്ധങ്ങളെ അറുത്തുകളയുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരാരോ അവർക്കാണ് ശാപം അവർക്കാണ് ചീത്തഭവനം അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ചിലർക്ക് ഉപജീവനം വിശാലമാക്കുകയും മറ്റു ചിലർക്ക് അത് പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു അവർ ഇഹലോക ജീവിതത്തിൽ സന്തോഷമടഞ്ഞിരിക്കുന്നു പരലോകത്തെ അപേക്ഷിച്ച് ഇഹലോക ജീവിതം നിസ്സാരമായ ഒരു സുഖാനുഭവം മാത്രമാകുന്നു അവിശ്വസിച്ചവർ നബിയെപ്പറ്റി പറയുന്നു ഇവന്റെ മേൽ എന്തുകൊണ്ടാണ് ഇവന്റെ രക്ഷിതാവിങ്കൽ നിന്ന് വല്ല ദൃഷ്ടാന്തവും ഇറക്കപ്പെടാത്തത് നബിയെ പറയുക തീർച്ചയായും അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ വഴികേടിലാക്കുന്നു പശ്ചാത്തപിച്ചു മടങ്ങിയവരെ തന്റെ മാർഗത്തിലേക്ക് അവൻ നയിക്കുകയും ചെയ്യുന്നു അതായത് വിശ്വസിക്കുകയും അള്ളാഹുവെപ്പറ്റിയുള്ള ഓർമ്മ കൊണ്ട് മനസ്സുകൾ ശാന്തമായിത്തീരുകയും ചെയ്യുന്നവരെ ശ്രദ്ധിക്കുക അള്ളാഹുവെപ്പറ്റിയുള്ള ഓർമ്മ കൊണ്ടത്രേ മനസ്സുകൾ ശാന്തമായി തീരുന്നത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് മംഗളം മടങ്ങിച്ചെല്ലാനുള്ള നല്ല സങ്കേതവും അവർക്കു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 ഒരു സമുദായത്തിൽ ദൂതനായി നിയോഗിച്ചിരിക്കുന്നു അതിനു മുമ്പ് പല സമുദായങ്ങളും കഴിഞ്ഞുപോയിട്ടുണ്ട് നിനക്ക് നാം ദിവ്യ സന്ദേശമായി നൽകിയിട്ടുള്ളത് അവർക്ക് ഓതി കേൾപ്പിക്കുവാൻ വേണ്ടിയാണ് നിന്നെ നിയോഗിച്ചത് അവരാകട്ടെ പരമകാരുണികനായ ദൈവത്തിൽ അവിശ്വസിക്കുന്നു പറയുക അവനാണ് എൻ്റെ രക്ഷിതാവ് അവനല്ലാതെ യാതൊരു ദൈവവുമില്ല അവന്റെ മേലാണ് ഞാൻ ഫലമേൽപ്പിച്ചിരിക്കുന്നത് അവനിലേക്കാണ് എന്റെ മടക്കം യോ സിയായ പാരായണം ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥം മൂലം പർവ്വതങ്ങൾ നടത്തപ്പെടുകയോ അല്ലെങ്കിൽ അത് കാരണമായി ഭൂമി തുണ്ടം തുണ്ടമായി മുറിക്കപ്പെടുകയോ അല്ലെങ്കിൽ അത് മുഖേന മരിച്ചവരോട് സംസാരിക്കപ്പെടുകയോ ചെയ്തിരുന്നെങ്കിൽ പോലും അവർ വിശ്വസിക്കുമായിരുന്നില്ല എന്നാൽ കാര്യം മുഴുവൻ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലത്ര അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മനുഷ്യരെ മുഴുവൻ അവൻ നേർവഴിയിലാക്കുമായിരുന്നുവെന്ന് സത്യവിശ്വാസികൾ മനസ്സിലാക്കിയിട്ടില്ലേ സത്യനിഷേധികൾക്ക് തങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഏതെങ്കിലും അത്യാപത്ത് ബാധിച്ചു അല്ലെങ്കിൽ അവരുടെ താമസസ്ഥലത്തിനടുത്തു തന്നെ ശിക്ഷ വന്നിറങ്ങിക്കൊണ്ടിരിക്കും അള്ളാഹുവിൻ്റെ വാഗ്ദത്തം വന്നെത്തുന്നതുവരെ അള്ളാഹു വാഗ്ദാനം ലംഘിക്കുകയില്ല തീർച്ച തീർച്ചയായും നിനക്കുമുമ്പും ദൂതന്മാർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവിശ്വസിച്ചവർക്ക് ഞാൻ സമയം നീട്ടിക്കൊടുക്കുകയും പിന്നീട് അവരെ ഞാൻ പിടികൂടുകയും ചെയ്തു അപ്പോൾ എന്റെ ശിക്ഷ എങ്ങനെയായിരുന്നു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 അപ്പോൾ ഓരോ വ്യക്തിയും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാര്യത്തിനും മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹു യാതൊന്നും അറിയാത്തവരെപ്പോലെയാണോ അവർ അള്ളാഹുവിന് പങ്കാളികളെ ആക്കിയിരിക്കുന്നു നബിയെ പറയുക നിങ്ങൾ അവരുടെ പേരൊന്നു പറഞ്ഞു തരൂ അതല്ല ഭൂമിയിൽ അല്ലാഹു അറിയാത്ത ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ അവന് പറഞ്ഞറിയിച്ചു കൊടുക്കുകയാണോ അതല്ല നിങ്ങൾ പറയുന്നത് ഉപരിപ്ലവമായ ഒരു സംസാരമാണോ അല്ല സത്യനിഷേധികൾക്ക് അവരുടെ കുതന്ത്രം അലങ്കൃതമായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു ശരിയായ മാർഗത്തിൽ നിന്ന് അവർ തട്ടിത്തിരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു അള്ളാഹുവല്ലവനെയും ദുർമാർഗത്തിലാക്കുന്ന പക്ഷം അവനെ നേർവഴിയിലാക്കാൻ ആരുമില്ല لهم عذاب في الحياة الدنيا ولا عذاب الآخرة أشق وما لهم من الله من واق مثل الجنة التي يوعد المتقون تجري من تحتها الأنهار أكلها دائم وظللها സൂക്ഷ്മത പാലിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗത്തിന്റെ അവസ്ഥ ഇതത്രെ അതിന്റെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും അതിലെ കനികളും അതിലെ തണലും ശാശ്വതമായിരിക്കും അതത്രെ സൂക്ഷ്മത പാലിച്ചവരുടെ പര്യവസാനം സത്യനിഷേധികളുടെ പര്യവസാനം നരകമാകുന്നു ഇലൈഹി നാം മുമ്പ് വേദഗ്രന്ഥം നൽകിയിട്ടുള്ളത് ആർക്കാണോ അവർ നിനക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആാനിൽ സന്തോഷം കൊള്ളുന്നു ആ കക്ഷികളുടെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ചില ഭാഗം നിഷേധിക്കുന്നവരുമുണ്ട് പറയുക അള്ളാഹുവെ ഞാൻ ആരാധിക്കണമെന്നും അവനോട് ഞാൻ പങ്കുചേർക്കരുത് എന്നും മാത്രമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അവനിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത് അവനിലേക്ക് തന്നെയാണ് എന്റെ മടക്കവും അപ്രകാരം ഈ ഖുർആാനിനെ അറബി ഭാഷയിലുള്ള ഒരു ന്യായ പ്രമാണമായി നാം അവതരിപ്പിച്ചിരിക്കുന്നു നിനക്ക് അറിവ് വന്നുകിട്ടിയതിനു ശേഷം അവരുടെ തന്നിഷ്ടങ്ങളെ നീ പിൻപറ്റിയാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്ന യാതൊരു രക്ഷാധികാരിയും യാതൊരു കാവൽക്കാരനും നിനക്കുണ്ടായിരിക്കുകയില്ല നിനക്കു മുമ്പും നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട് അവർക്ക് നാം ഭാര്യമാരെയും സന്താനങ്ങളെയും നൽകിയിട്ടുണ്ട് ഒരു ദൂതനും അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെയല്ലാതെ യാതൊരു ദൃഷ്ടാന്തവും കൊണ്ടുവരാനാവില്ല ഓരോ കാലാവധിക്കും ഓരോ പ്രമാണഗ്രന്ഥമുണ്ട് അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത് മായ്ച്ചുകളയുകയും താൻ ഉദ്ദേശിക്കുന്നത് സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു മൂലഗ്രന്ഥം അവന്റെ പക്കലുള്ളതാണ് നാം അവർക്ക് മുന്നറിയിപ്പ് നൽകുന്ന ശിക്ഷാനടപടികളിൽ ചിലത് നിനക്ക് നാം കാണിച്ചു തരികയോ അല്ലെങ്കിൽ അതിനു നിന്റെ ജീവിതം നാം അവസാനിപ്പിക്കുകയോ ചെയ്യുന്ന അഥവാ ഇത് രണ്ടിൽ ഏതാണ് സംഭവിക്കുന്നതെങ്കിലും നിന്റെ മേൽ പ്രബോധന ബാധ്യത മാത്രമേയുള്ളൂ അവരുടെ കണക്ക് നോക്കുന്ന ബാധ്യത നമുക്കാകുന്നു നാം അവരുടെ ഭൂമിയിൽ ചെന്ന് അതിന്റെ നാനാവശങ്ങളിൽ നിന്ന് അതിനെ ചുരുക്കിക്കൊണ്ടിരിക്കുന്നത് അവർ കണ്ടില്ലേ അള്ളാഹു വിധിക്കുന്നു അവന്റെ വിധി ഭേദഗതി ചെയ്യാൻ ആരും തന്നെയില്ല അവൻ അതിവേഗത്തിൽ കണക്ക് നോക്കുന്നവനത്ര ഇവരുടെ മുമ്പുള്ളവരും തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട് എന്നാൽ മുഴുവൻ തന്ത്രവും അള്ളാഹുവിനാണുള്ളത് ഓരോ വ്യക്തിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ അറിയുന്നു ലോകത്തിന്റെ പര്യവസാനം ആർക്ക് അനുകൂലമാണെന്ന് സത്യനിഷേധികൾ അറിഞ്ഞുകൊള്ളു നീ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനല്ലെന്ന് സത്യനിഷേധികൾ പറയുന്നു പറയുക എനിക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷിയായി അള്ളാഹുമതി ആരുടെ പക്കലാണോ വേദവിജ്ഞാനമുള്ളത് അവരും മതി